അധ്യായം ഇരുപത്തി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ യഹൂദ രാജാവിന്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ സ്ഥിക്കാം ദാവിയത്തിന്റെ സിലിരിക്കുന്ന യഹൂദ രാജാവെ നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കെട്ടുകൊൾവീൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ നീതിയും ന്യായവും കവർച്ചയായി ഭവിച്ചവനെ കയ്യിൽ നിന്ന് വിടിവിപ്പിൻ പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത് ഈ സ്ഥലത്ത് കുറ്റം ചൊരിയുകയുമരുത് നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും ഈ വചനം കേട്ടനുസരിക്കയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് യഹൂദ രാജാവിന്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നീ ഗലയാതും ലബാനോന്റെ ശിഖരവും ആകുന്നു എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളും ആക്കും ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും അവർ നിന്റെ വിശിഷ്ട ദേവദാരിക്കളെ വെട്ടി തീയിലിട്ടുകളയും അനേകം ജാതികളും ഈ നഗരം വഴി കടന്നുപോകുമ്പോൾ ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉപേക്ഷിച്ച് അന്യദേവൻ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്നുത്തരം പറയുകയും ചെയ്യും മരിച്ചവനെക്കുറിച്ച് കരയണ്ട അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട നാടുവിട്ട് പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവീണു അവൻ മടങ്ങി വരികയില്ല ജന്മദേശം ഇനി കാണുകയുമില്ല തന്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോസിയാവിന്റെ മകനും യഹൂദ രാജാവുമായ ഷല്ലൂമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ ഇവിടേക്ക് മടങ്ങിവരികയില്ല അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്തു വച്ച് തന്നെ അവൻ മരിക്കും ഈ ദേശം അവനിനി കാണുകയുമില്ല നീതികേടുകൊണ്ട് അരമനെയും അന്യായം കൊണ്ട് മാളികയും പണിത് കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനെയും വിശാലമായ മാളികയും പണിയും എന്നു പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായമിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം ദേവതാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ വാഴുമോ നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല അന്നവന് നന്നായിരുന്നു അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ച് കൊടുത്തു അന്നവന് നന്നായിരുന്നു ഇതല്ലയോ എന്നെ എന്നുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്ക കുറ്റമില്ലാത്ത രക്തം ചുരുക പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല അതുകൊണ്ട് യഹോവ യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു അവനെക്കുറിച്ചവർ അയ്യോ സഹോദര അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല എരുശിലമന്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് അവനെ കുഴിച്ചിടും ലബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്ക ബാഷാനിൽ നിന്ന് നിന്റെ ശബ്ദം ഉയർത്തുക അബാരിമിൽ നിന്ന് നിലവിളിക്ക നിന്റെ സകല സ്നേഹിതന്മാരും തകർന്നു കിടക്കുന്നുവല്ലോ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു നീയോ ഞാൻ കേൾക്കയില്ല എന്നു പറഞ്ഞു എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്ക് ശീലം നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും ദേവദാരുക്കളിന്മേൽ കൂടുവച്ച് ലബാനോനിൽ വസിക്കുന്നവളെ നിനക്ക് വ്യസനവും നോവുകിട്ടിയവളെ പോലെ വേദനയും നീ എത്ര ഞരഞ്ഞു എന്നാണ് യഹോയാക്കിമെന്റെ മകനായി യഹൂദ രാജാവായ കുന്യാവ് എന്റെ വലങ്കൈക്ക് ഒരു മുദ്ര ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞുകളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും ബാബേൽ രാജാവായ നപുഗതനേശ്വരന്റെ കൈയിലും കൽദയരുടെ കൈയിലും തന്നെ ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളെയും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും അവർ മടങ്ങി ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവർ മടങ്ങി കുന്യാവോ എന്ന ഈ ആൾ സാരമില്ല എന്നുവച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവന്റെ സന്തതിയെയും ത്യജിച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതിയെന്ത് ദേശമേ ദേശമേ ദേശമേ യഹൂവയുടെ വചനം കേൾക്ക ഈയാളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്തൊരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവീൻ ഇനി ദാവിദന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു